സെഫന്യാ അധ്യായം ഒന്ന് യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിസ്ക്യാവിന്റെ മകനായ അമരിയാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയയുടെ മകനായ സെഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട് ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും ഞാൻ ആകാശത്തിലെ പർവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിക്കും ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ യഹൂദയുടെ മേലും എരുശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും ഞാൻ ഈ സ്ഥലത്തു നിന്ന് ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു യഹോവയായ കർത്താവിന്റെ സന്നദ്ധിയിൽ മിണ്ടാതിരിക്കഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശവസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും അന്നാളിൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കയുള്ളൊരു നിലവിളിയും രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്ന് ഒരു സഡസടനാദവും ഉണ്ടാകുമെന്ന് ഈ ഹോവയുടെ അരുളപ്പാട് മക്തേശ് നിവാസികളെ മുയിടുവീൻ വ്യാപാരി ജനമൊക്കെയും നശിച്ചുപോയല്ലോ സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു അക്കാലത്ത് ഞാൻ എരുഷലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവും ആയിത്തീരും അവർ വീടു പണിയും പാർക്കയില്ലാത്താനും അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വീഞ്ഞ് കുടിക്കയില്ലാത്താനും യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു അത് അടുത്ത് അത്യന്തം ബദ്ധപ്പെട്ടു കേട്ടോ യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു ആ ദിവസം ക്രോധദിവസം കഷ്ടവും സങ്കടവുമുള്ള ദിവസം ശൂന്യതയും നാശവുമുള്ള ദിവസം ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം മേഘവും മൂടലുമുള്ള ദിവസം ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹ്ളനാദവും ആരവുമുള്ള ദിവസം തന്നെ മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്ത കവണ്ണം ഞാൻ കഷ്ടത വരുത്തും അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയയില്ല സർവഭൂമിയും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും